അള്ളാഹുസുബഹാനുഹുവ ചായാലയ്ക്കു പുറമേ നിങ്ങൾ ആരാധിക്കുന്നത് വെറും വിഗ്രഹങ്ങളെയാണ് നിങ്ങൾ ഒരു കള്ളം കെട്ടിച്ചമത്തുകയും ചെയ്യുന്നു അല്ലാഹുസുഹാനുഹുവ ചായാലയ്ക്കു പുറമെ നിങ്ങൾ ആരാധിക്കുന്നവർ നിങ്ങൾക്കുപജീവനത്തിന് യാതൊന്നും നൽകാൻ കഴിവുള്ളവരല്ല അതിനാൽ അല്ലാഹുസുബഹാനുഹുവചായാലയുടെ അടുക്കൽ നിന്ന് ഉപജീവനം തേടുക അവനെ ആരാധിക്കുകയും അവനെ നന്ദി കാണിക്കുകയും ചെയ്യുക അവങ്കിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്